സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥം എഴുതിയിട്ട് തുച്ഛമായ ലാഭത്തിനുവേണ്ടി ഇത് അല്ലാഹു സുബാനഹു വായാലായുടെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് പറയുന്നവർക്ക് നാശം അവരുടെ കൈകൾ എഴുതിയതിലൂടെ അവർക്ക് നാശമുണ്ട് അവർ സമ്പാദിക്കുന്നതിലൂടെയും അവർക്ക് നാശമുണ്ട്